ദോജനത്തില് നമ്മൾ രണ്ട് കാര്യങ്ങൾ പലപ്പോഴും കാണാറുണ്ട് ഒന്ന് ദൈവം നമുക്ക് തരുന്ന കൽപ്പനകളാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യണം ഇന്ന കാര്യങ്ങൾ അനുസരിക്കണം ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരു പറ്റം കാര്യങ്ങൾ അതിനെയെല്ലാം കൽപ്പനകൾ അനുസരിക്കേണ്ട കാരണ നമുക്ക് പറയാം എന്നാൽ അതുമാത്രമല്ല ബൈബിളിലുള്ളത് നമുക്ക് ഉത്സാഹം തരുന്ന വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾ പ്രോമിസസ് വാഗ്ദാനങ്ങളും ബൈബിളിൽ പുതിയ നിയമത്തിൽ മറ്റൊരു തല പട്ടികയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവർ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് നമ്മുടെയൊക്കെ ബൈബിളിൽ അടിവര കൂടുതലും വാഗ്ദാനങ്ങളുടെ താഴെയാണ് വാഗ്ദാനങ്ങളാണ് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ മറ്റേത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാരം ചിലപ്പോൾ തരുന്നുണ്ടോ അങ്ങനെ ഭാരപ്പെടേണ്ട കാര്യമില്ല സ്നേഹത്തിലാണെങ്കിൽ ആ ഭാരം ഒഴിവായി പോകും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട് നമുക്കിന്ന് ദൈവവചനത്തിൽ നിന്ന് നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു ഒരു വാഗ്ദാനം ഒരു പ്രോമിസ് നമുക്ക് നോക്കാം ദൈവവചനത്തിൽ നിന്ന് ഒരു വാഗ്ദാനം എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും നിങ്ങൾക്ക് ചിലത് തരും ചിലത് കിട്ടും നിങ്ങൾക്ക് ദീർഘായുസം ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായിരിക്കും നിങ്ങൾക്ക് സമൃദ്ധിയുണ്ടാകും നിങ്ങളെ അനുഗ്രഹിക്കും അങ്ങനെ പോസിറ്റീവായ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും വാഗ്ദാനങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക എന്നാൽ അങ്ങനെയല്ല നിഷേധാത്മകം എന്ന് തോന്നുന്ന ചിലതും വാഗ്ദാനമായിട്ട് വരും അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ഓർക്കുന്നുണ്ടോ ഒരു വാക്യം നമുക്ക് നോക്കാം അങ്ങനെയൊരു അങ്ങനെ ഒരു വാഗ്ദാനം നമുക്ക് നോക്കാം അത് തരത്തില്ല തരികയില്ല നോ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് വലിയ സന്തോഷവും ഉത്സാഹവും തരുന്ന ഒരു വാഗ്ദാനം അങ്ങനെയും ഒരു വാഗ്ദാനമുണ്ട് നമ്മൾ ഒന്ന് കോരിന്തയർ പത്താം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യമാണ് ഒന്ന് കോരിന്തേർ പത്താം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിനും ഇതേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ കണ്ടോ ഹീ വിൽ നെവർ അലവ് അസ് ടു ബി tempted or tested beyond our ability nammada kalivinu aadidamaayitte nammale endu eeyila nammale pareekshikkeeyila yan adu cheeyeyilla ennu paranjirikkuna oru kaaryam cheeyeyila nu paranjekuna oru kaaryam adu namukku velliy santhosham tharunna oru kaaryam enda yana paranjatha vekthamaayo thariyilla enda ivada paranjekuna pakshe tharathad enda nammada kalivinu melulla പരീക്ഷകൾ ദൈവം നമുക്ക് തരത്തില്ല അതൊരു വാഗ്ദാനമാണ് പലപ്പോഴും നമ്മൾ പേടിക്കുന്നത് എന്താ പേടിക്കുന്നത് നമ്മുടെ കഴിവിനപ്പുറത്ത് നമ്മൾ പരീക്ഷിക്കപ്പെട്ടു പോകുമോ പരീക്ഷിക്കുക എന്നിവിടെ പറയുമ്പോൾ ടെംറ്റഡ് എന്ന ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ മൂലഭാഷയിൽ സത്യത്തിൽ അത് കഷ്ടങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നതിനെയാണ് കൂടുതൽ ഊന്നി പറയുന്നത് ട്രയൽസിനെയാണ് ടെസ്റ്റുകളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് കേട്ടിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് സഹിപ്പാൻ കഴിയുന്നതിൽ കൂടുതൽ പരീക്ഷകളും കഷ്ടതകളും നമുക്ക് തരത്തില്ല എന്ന് പറയുന്നത് എത്ര വലിയൊരു വാഗ്ദാനമാണ് അതൊരു വലിയൊരു പ്രോമിസാണ് പ്രോമിസാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും പേടിക്കുന്നത് നമ്മുടെ കഴിവിനപ്പുറത്ത് നമുക്ക് കഷ്ടങ്ങളുണ്ടായി അല്ലെങ്കിൽ പോരാട്ടങ്ങളുണ്ടായി പരീക്ഷകളുണ്ടായി ആ പരീക്ഷകളുടെ ഭാഗമായിട്ട് നമ്മൾ ദൈവത്തെ വിട്ടു പോകുമെന്നോ അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് വീണു പോകുമെന്നോ ഒക്കെയാണ് നമ്മൾ പലപ്പോഴും പേടിക്കുന്നത് എന്നാൽ ഇവിടെ ഇതാ ഒന്ന് പോരും ചെറുപ്പത്തിൻ്റെ പതിമൂന്നിൽ നമുക്കൊരു വാഗ്ദാനം ദൈവം പറയുന്നു ദൈവം എന്താ പറയുന്നത് എനിക്ക് നിന്നെ അറിയാം നിനക്ക് എന്തോ കപ്പാസിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയാം അതിനപ്പുറത്തോട്ട് നിന്നെ വിടത്തില്ല ഇത് കവിഞ്ഞൊരു വാഗ്ദാനം വേണോ നമുക്കെല്ലാം നമ്മുടേതായ ചില കഴിവുകളുണ്ട് ചില ലിമിറ്റുണ്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ വിട്ടുപോയാൽ എന്ത് പറ്റും ചിലപ്പോൾ അത് പ്രശ്നമായി പോകും തമ്പരാൻ പറയുന്നു ഞാൻ എന്തു ചെയ്യയില്ല ഞാൻ നിന്നെ നിൻ്റെ കഴിവിനപ്പുറത്തേക്ക് ബിയോണ്ട് യുവർ എബിലിറ്റി നിൻ്റെ കഴിവിനപ്പുറത്തേക്ക് നിന്നെ പരീക്ഷിക്കാനായിട്ട് ഇടയാകാതെ ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു നിന്നെ സംരക്ഷിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത് ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളൊക്കെ പല കാര്യങ്ങളോടുള്ള ബന്ധത്തെ മുന്നോട്ട് പോകുമ്പോൾ സത്യത്തിൽ ഈ വചനം നമുക്ക് തരുന്ന ധൈര്യം എത്ര വളരെ വലുതാണ് എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ കഴിവിനപ്പുറത്തേക്ക് തമ്പുരാൻ വിടുകയില്ല എന്തോ കഴിവുണ്ടെന്ന് ദൈവത്തിനറിയാം അപ്പം നമ്മൾ തന്നെ ചില പ്രയാസങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ നമ്മൾ ചോദിച്ചു പോകും എനിക്ക് ഇത്രയും കഴിവുണ്ടോ ഏ ഇത്രയും സഹിക്കാനുള്ളതുണ്ടോ ഉണ്ട് നമ്മളെക്കുറിച്ച് അറിയാം അതുകൊണ്ടാണ് അത്രയും തന്നേക്കുന്നത് ആ ഒരു ബ്രേക്കിംഗ് പോയിൻ്റ് ഉണ്ട് അതിനപ്പുറത്തേക്ക് വിട്ട് നമ്മുടെ വിശ്വാസം തകർന്നു പോകാൻ തെയ്യോ അനുവദിക്കേയില്ല എന്ന് പറയുന്ന വളരെ വളരെ വളരെ മനോഹരമായ ഒരു വാഗ്ദാനമാണ് നമുക്കെല്ലാം സഹിപ്പാൻ കഴിയുന്ന ഒരു പരിധിയുണ്ട് പരിധിയുണ്ട് ഇസ്രായേൽ മക്കൾ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലായിരുന്നപ്പം മഞ്ഞ വന്ന് എല്ലാവരോടും പെറുക്കിക്കോളാൻ പറഞ്ഞു പക്ഷേ പെറുക്കിക്കോളാൻ പറഞ്ഞപ്പോഴും അവിടെ ഒരു പരിധി വെച്ചു എന്താ വീതം ഓരോരുത്തരും പെറുക്കിക്കോണം അത് കൂടുതലരുത് അതെല്ലാവർക്കും ബാധകമായ ഒരു കാര്യമായിരുന്നു എന്നാൽ നമുക്കോരോരുത്തർക്കും ഒരു കോട്ടയ വെച്ചേക്കുന്നത് നമുക്കിത്ര വരെ പറ്റും അത്രേ തമ്പുരാൻ തരുകയുള്ളൂ തരികയുള്ളൂ തരികയുള്ളു അതിനപ്പുറത്തേക്ക് നമ്മളെ വിടുകയില്ല ഞാൻ പലപ്പോഴും ഈ കാര്യം ചിന്തിക്കുമ്പോൾ യശയാവ് അന്നത്തെ കാലഘട്ടത്തിൽ മധ്യപൗരസ്ഥ്യ ദേശത്ത് അവിടെ നിലവിലിരുന്ന ചില കാര്യങ്ങളോട് ചേർത്ത് ഒരു കൃഷിയോട് ചേർത്ത് ഈ കാര്യം വളരെ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിലാണ് ഏഷ്യാവിൻ്റെ പുസ്തകം ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിലാണ് ഇരുപത്തി എട്ടാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വാക്യങ്ങളാണ് അത് കൃഷി സ്ഥലത്ത് നിന്ന് എടുത്തിരിക്കുന്ന ഒരു മനോഹരമായ ഉദാഹരണമാണ് ഏഷ്യാവിൻ്റെ പുസ്തകം ഇരുപത്തെട്ടിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ കരിഞ്ചീരകം മെതി കൊണ്ടും മെതിക്കുന്നില്ല ജീരകത്തിൻ്റെ മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതുമില്ല കരിഞ്ചീരകം വടി ജീരകം കോൽ കൊണ്ടും തല്ലിയെടുക്കുക അത്രേ ചെയ്യുന്നത് ധാന്യം ചതച്ചു അവൻ അതിനെ എല്ലായ്പ്പോഴും മെതിക്കുകയും വണ്ടിയുടെയും വണ്ടിയുടെ ചക്രത്തെയും കുതിരകളെയും അതിന്മേൽ തെളിക്കുകയും ചെയ്യുകയുംയില്ലല്ലോ അവനതിനെ ചതച്ച് കളയുകയില്ല എന്താ പ്രിയപ്പെട്ടവരെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ ഇസ്രായേൽ നാട്ടിൽ അവർ പലതരത്തിലുള്ള കൃഷികൾ ചെയ്യാറുണ്ട് ജീരകം കരിഞ്ചീരകം ഇതൊക്കെ അവർ കൃഷി ചെയ്യാറുണ്ട് കോതമ്പ് അവരെ കൃഷി ചെയ്യാറുണ്ട് കോതമ്പിനെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കോതമ്പ് പാറ്റുക അവരുടെ ഒരു കൃഷിയായിരുന്നു ധാന്യം എന്നാൽ കോതമ്പ് കൊയ്ത് കൊണ്ടുവന്ന് അതിനെ മെതിക്കുന്നത് പോലല്ല കരിഞ്ചീരകത്തെയോ ജീരകത്തെയോ കൊയ്ത് കൊണ്ടുവന്ന് അതിനെ മെതിക്കുന്നു ജീരകം കരിഞ്ചീരകം ഇതൊക്കെ എന്താ വളരെ വളരെ വളരെ ചെറിയ ചെറിയ ചില ധാന്യങ്ങളാണ് ചെറിയ അത് അതിൻ്റെ മേളിലൂടെ അതിനെ മെതിക്കാനായിട്ട് അതിൻ്റെ മുകളിലൂടെ വണ്ടിയുടെ ചക്രം ഉരുട്ടി അതിനെ അങ്ങനെ മെതിക്കുകയില്ല കാര്യം അങ്ങനെ മെതിച്ചാൽ എന്ത് പറ്റി പോകും അത് ചതഞ്ഞു പോവും ഈ ജീരകത്തിന് വണ്ടിയുടെ ചക്രം കയറ്റി അവിടെ ആ നാടുകളിൽ ഒരു പക്ഷേ നമ്മൾ ചവിട്ടി മെതിക്കുന്നത് അല്ലെങ്കിൽ അത് ഈ കറ്റയിൽ നിന്ന് അതിനെ മാറ്റാൻ വേണ്ടി ആ തണ്ടിൽ നിന്ന് അതിനെ അടർത്തി വേണ്ടി പലതരത്തിൽ വണ്ടിയുടെ ചക്രം അതിൻ്റെ മേൽ ഉരുട്ടുക ചവിട്ടി മെതിക്കുക ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ ജീരകത്തെ അല്ലെങ്കിൽ കരിഞ്ചീരകത്തെ അങ്ങനെ ചെയ്യുകയില്ല മറിച്ച് എന്താ ചെയ്യുന്നത് അത് അതിനെ എടുത്ത് വടികൊണ്ട് തല്ലിയെടുക്കുക ചെയ്യുന്നത് പറഞ്ഞത് മനസ്സിലായോ ഒരു പക്ഷേ കോതമ്പ് മെതിക്കുമ്പോൾ എന്തോ ചെയ്യും കോതമ്പ് മെതിക്കുമ്പോൾ അതിൻ്റെ വണ്ടി ചക്രം കയറ്റും വണ്ടി ചക്രം കയറ്റിയാലേ ഇതെന്ത് പറ്റുകയുള്ളൂ ഈ കോതമ്പ് അതിൻ്റെ ആ കറ്റയിൽ നിന്ന് ആ ചെടിയിൽ നിന്ന് ആ ധാന്യം കൊഴിച്ചു കിട്ടുകയുള്ളു അതുകൊണ്ട് അതിൻ്റെ മണ്ടയ്ക്ക് ചിലപ്പം വണ്ടിച്ചക്രം കയറ്റും പക്ഷേ ജീരകം മെതിക്കുമ്പം അതിൻ്റെ മണ്ടയ്ക്ക് എന്ത് ചെയ്യുകയില്ല വണ്ടി കയറ്റിയാൽ കുതിര കുതിരകളുടെ ചവിട്ട് കൊണ്ടും വണ്ടിയുടെ ചക്രത്തിൻ്റെ ഉരുളൽ കൊണ്ടും ഈ ജീരകം അങ്ങ് ചതഞ്ഞ് പോകും ചതഞ്ഞ് പോകും അത് പ്രയോജനപ്പെടുകയില്ല ജീരകത്തിൻ്റെയും അല്ലെങ്കിൽ കോതമ്പിൻ്റെയും പ്രത്യേകത അറിയാവുന്ന കർഷകൻ എന്തോ ചെയ്യും കർഷകൻ ആ കോതമ്പ് വണ്ടി ചക്രം അതിൻ്റെ മേൽ ഉരുട്ടിയോ കുതിരകളെ കൊണ്ട് ചവിട്ടിച്ചോ ഒക്കെ അതിനെ കൊഴിച്ചെടുക്കും അതിന് കാരണം അത് കോതമ്പെന്ന് പറയുന്ന താരതമ്യേന കുറച്ചുകൂടെ ശക്തമായ ധാന്യമാണ് അത് എൻ്റെ മണ്ടയ്ക്ക് വണ്ടി ചക്രം കയറിയാലും അത് ചതഞ്ഞ് പോവുകയില്ല കുതിരകൾ ചവിട്ടിയാലും അത് ആ ധാന്യം അങ്ങ് ചതഞ്ഞ് പോവുകയില്ല ഇതറിയാവുന്നത് കൊണ്ട് കോതമ്പ് മെതിച്ചെടുക്കുന്നത് അങ്ങനെയുള്ള വളരെ ഗൗരവമുള്ള ശക്തമായ ചില കാര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാൽ ജീരകവും കരിഞ്ചീരകവും താരതമ്യേന എന്താ വളരെ ദുർബലമാണ് ദുർബലമാണ് അതുകൊണ്ട് അതറിയാവുന്ന കർഷകൻ അതിനെ വടികൊണ്ട് തല്ലി തല്ലി എടുക്കുക ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞതുമായിട്ട് ഇതിൻ്റെ ബന്ധം നമ്മൾ കണ്ടോ സഹോദര സഹോദരി ഞാനും നീയും ഏത് തരം ആളാണെന്ന് ആർക്കറിയാം ഈ നല്ല കർഷകനായ ദൈവത്തിനറിയാം അവിടുത്തേക്ക് നമ്മുടെ പ്രകൃതം അറിയാം നമുക്ക് ഒരു പരിധിക്കപ്പുറം ഇവൻ്റെ മേൽ വണ്ടി ചക്രം കയറ്റാമോ കയറ്റാൻ നോക്കുമെങ്കിൽ കയറ്റും എന്നാൽ ദുർബലമാണെങ്കിൽ അങ്ങനെ അതിനെ ചതച്ചു കളയുകയില്ല മറിച്ച് അതിനെ വടികൊണ്ട് മൃദുവായിട്ട് തല്ലിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് ഈ ഒരു മനോഹരമായ ഉദാഹരണമാണ് നമ്മളവിടെ കാണുന്നത് ഇവിടെ ഇരുപത്തിയെട്ടാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ആ വാക്യങ്ങളെല്ലാം കൃഷിയുമായിട്ടും ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അവിടെ മൂന്ന് തരത്തിൽ ഈ കാര്യങ്ങളെ കാ നമുക്ക് കാണാനായിട്ട് കഴിയും ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം കണ്ടോ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ശ്രദ്ധിച്ചോ അവിടെ നമ്മൾ കാണുന്നു ചെവി തന്നെ എൻ്റെ വാക്ക് ശ്രദ്ധ വെച്ചെൻ്റെ വചനം കേൾപ്പിൻ ഇരുപത്തി നാല് ഉഴുന്നവൻ ഇടവിടാതെ ഉഴുതു ഉഴുതുകൊണ്ടിരിക്കുന്നുവോ അവൻ എല്ലായ്പ്പോഴും നിലം കീറി കട്ട ഉടച്ചുകൊണ്ടിരിക്കുന്നുവോ എന്താ ഇത് പറയുന്നത് പ്രിയപ്പെട്ടവരെ നിലം കീറാനും കട്ടയുടക്കാനും ഉഴാനും എന്തുണ്ട് ഒരു സമയമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ നിലമുഴുന്നത് പോലെ കട്ടയുടയ്ക്കുന്നത് അങ്ങനെയുള്ള വലിയ പരീക്ഷകൾ എപ്പോഴും ചില സമയവുമായിട്ട് ബന്ധപ്പെട്ട ഇത് കണ്ടോ ചില സമയവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിരിക്കുന്നത് എപ്പോഴും അങ്ങനെ ചെയ്യാറില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം അതിൻ്റെ ഇരുപത്തെട്ടിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം നോക്കുക അവന് നിലനിരപ്പാക്കിയിട്ട് അവൻ കരിഞ്ചീരകവും വിതയ്ക്കുകയും ജീരകം വിതറുകയും കോതമ്പ് ഉഴവുപുളിയിലും എവം അതിനുള്ള സ്ഥലത്തും ചെറു കോതമ്പ് അതിൻ്റെ അറ്റത്തും ഇടുകയും ചെയ്യുന്നില്ലയോ കണ്ടോ ഏതെല്ലാം തരം ധാന്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു കരിഞ്ചീരകം ജീരകം കോതമ്പ് യവം ചെറുകോതമ്പ് ഒരു അഞ്ചുകൂട്ടം വ്യത്യസ്ത വ്യത്യസ്ത ധാന്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള കൃഷിവിളവുകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അല്ലാതെ എല്ലാത്തെയും ഒരേ തരത്തിലല്ല കൈകാര്യം ചെയ്യുന്നത് മുകളിൽ നമ്മൾ പറഞ്ഞു എല്ലാ സമയത്തും ഒരുപോലെയല്ല പ്രവർത്തിക്കുന്നത് രണ്ട് എല്ലാത്തിനും ഒരേ രീതിയിലല്ല എല്ലാത്തിനോടും ഇടപെടുന്നത് പിന്നെ നമ്മൾ പറഞ്ഞത് അതാ അതിൻ്റെ ഇരുപത്തേഴ് ഇരുപത്തെട്ടിൽ നമ്മൾ കണ്ടതുപോലെ അതിൻ്റെ സ്വഭാവം അറിഞ്ഞ് അതിനെത്രത്തോളം താങ്ങാൻ കഴിയുമെന്നറിഞ്ഞ് അതിൻ്റെ ടെസ്ച്ചർ അറിഞ്ഞ് ആദ്യത്തേത് നമ്മൾ പറഞ്ഞത് അതിൻ്റെ ടൈമുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാലവുമായി ബന്ധപ്പെട്ട വിതപ്പാൻ ഉഴാനുള്ള ഒരു കാലമുണ്ട് ആ കാലത്ത് മാത്രമേ അത് ചെയ്യുള്ളൂ രണ്ടാമത്തേത് പലതരത്തിലുള്ള ധാന്യങ്ങൾക്ക് പലതരത്തിലുള്ള രീതികളാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് ഒടുവിലായിട്ട് ഇരുപത്തേഴ് ഇരുപത്തെട്ട് വാക്യങ്ങളിലേക്ക് വരുമ്പോഴോ ആ ധാന്യത്തിൻ്റെ ടെസ്ച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഇഴയടുപ്പം അതിൻ്റെ കനമറിഞ്ഞ് അതിനോട് ഇടപെടും എന്താ നമ്മൾ സംസാരിച്ചു വന്നത് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് എടുക്കാവുന്ന കാര്യം എന്താ ഈ മൂന്ന് കാര്യവും നമ്മളെ ധൈര്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ചിലപ്പോൾ നമ്മൾ പറയുകയല്ലേ അയ്യോ എല്ല ഒരു ദിവസം കഴിയുമ്പോൾ പിന്നെയും പരീക്ഷ പിന്നെയും പരീക്ഷ പിന്നെയും കഷ്ടത സഹോദരമായി അങ്ങനെ എപ്പോഴും വരത്തില്ല എന്നാണ് ഇവിടെ ആദ്യം നമ്മൾ വായിച്ചത് കണ്ടോ എല്ലാ സമയത്തും ഇടവിടാതെ ഉഴുതുകൊണ്ടിരിക്കുമോ ഇല്ല നീ നിൻ്റെ വിഷമത്തിൽ അങ്ങ് പറയുക എല്ലാം എന്ന് ദിവസം എടുത്താലും അങ്ങ് കഷ്ടതയാ കഷ്ടതയ എന്ന് പറയുക അങ്ങനെയല്ല ചില സമയത്തേ ഉള്ളൂ നിനക്കപ്പം നീ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിനക്ക് ആശ്വസിക്കാൻ കഴിയും എന്നും ഇങ്ങനെ ആയിരിക്കേയില്ല ഇത് ഈ എൻ്റെ പ്രത്യേകതകൾ അറിയാവുന്ന ആ കർഷകൻ ഈ പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം തന്നെ ഈ സമയത്തേക്ക് മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഈ നിലമൊഴുന്നതും കട്ടയുടയ്ക്കുന്നതുമായ പ്രവൃത്തി രണ്ടാമത് ചിലപ്പോൾ നമ്മൾ പറയും ഓ നമുക്ക് ഞങ്ങളെ അങ്ങ് കഷ്ടത്തിലൂടെ അങ്ങ് കടത്തി വിടുക ഞാനും കഷ്ടപ്പെടുന്നു എൻ്റെ കുട്ടികളും കഷ്ടപ്പെടുന്നു ഞങ്ങളുടെ കുടുംബമായിട്ട് എന്ന അങ്ങനല്ല ഈ ഒരു കുടുംബത്തെ തന്നെ ദൈവമെടുത്താൽ അതിൻ്റെ അകത്ത് കോതമ്പ് പോലെ വ്യത്യസ്തമായ ധാന്യം കാണും കരിഞ്ചീരകം പോലെ ദുർബലമായത് കാണും ഓരോന്നിൻ്റെയും ആ വെറൈറ്റി അറിഞ്ഞാണ് അവിടുന്ന് ഇടപെടുന്നതെന്നാണ് നമ്മളെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ വായിച്ചത് അതിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ് ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും വാക്യങ്ങളിൽ വായിച്ചത് അതായത് വ്യത്യസ്ത തരത്തിലുള്ള ധാന്യങ്ങൾ മാത്രമല്ല ഓരോ ധാന്യത്തിൻ്റെയും അതിൻ്റെ കനം അതിൻ്റെ ഇഴയെടുപ്പം അതിൻ്റെ ടസ്ച്ചർ അറിഞ്ഞ് ദൈവം ഇടപെടുന്നു കർഷകൻ ഇടപെടുന്നു എന്നാണ് പറഞ്ഞത് നമുക്ക് ഈ കാര്യങ്ങൾ ധൈര്യം തരട്ടെ നമ്മുടെ കഴിവിനപ്പുറത്തേക്ക് ദൈവം നമ്മളെ വിടുകയില്ല നമുക്ക് കാരണം അവിടത്തേക്ക് എന്തറിയാം നമ്മുടെ പ്രകൃതമറിയാം എത്രത്തോളം നമുക്ക് സഹിക്കാൻ കഴിയും എവിടെ വരെ പോകാൻ കഴിയും എന്നും ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഇവനെ പരീക്ഷിച്ചോണ്ടിരുന്നാൽ അയ്യോ അത് പറ്റുകയില്ല അത് പറ്റുകയില്ല അതുകൊണ്ട് ദൈവം തമ്പരാൻ എന്ത് ചെയ്യുന്നു ഉഴുന്നതും കട്ടയുടയ്ക്കുന്നതും ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് വെക്കുന്നു എപ്പോഴും അങ്ങനെ ചെയ്യുകയില്ല അതുപോലെ ഒരു കുടുംബത്തിലെ അല്ലെ സഭയിലുള്ള എല്ലാവരെയും ഒരേപോലെയല്ല ഓരോന്നിൻ്റെയും പ്രത്യേകതയെ അറിഞ്ഞ് ചെയ്യുന്നു അതുപോലെ തന്നെ അതിൻ്റെ ആ കനമറിഞ്ഞ് അവിടുന്ന് മെതിച്ചെടുക്കുന്നു വണ്ടി ചക്രം ഉരുട്ടി കുതിരകളെ കൊണ്ട് ചവിട്ടിച്ച് ഒക്കെ എടുക്കുന്നു വേറെ ചിലതിനെയോ കോലുകൊണ്ട് തല്ലിക്കൊഴിച്ചെടുക്കുന്നു നമ്മളിത് ഇതിലേതാണെങ്കിലും നമുക്ക് ധൈര്യം തരുന്ന ഒരു കാര്യമെന്താ എൻ്റെ എൻ്റെ രക്ഷകനും എൻ്റെ നാഥനുമായ എൻ്റെ കർത്താവിന് എന്നെ അറിയാം എന്നെ അറിയാം എന്നു വെച്ചാൽ പലപ്പോഴും പലരുടെയും പ്രശ്നമെന്താ പലരും പറയുന്നത് എന്നെ ആർക്കും അറിഞ്ഞുകൂടാന്നല്ലേ പറയുന്നത് എന്നെ ആർക്കും അറിഞ്ഞുകൂടാ കുട്ടി പറയുന്നത് എന്നെ അപ്പനും അമ്മയ്ക്കും എന്നെ മനസ്സിലാകുന്നില്ല എന്നെ അറിഞ്ഞുകൂടാ ഭാര്യ പറയുന്നത് ഭർത്താവിനെന്നെ അറിഞ്ഞുകൂടാ എനിക്കെത്ര സഹിക്കാൻ കഴിയും ഈ മനുഷ്യനെ ഏ അങ്ങനെ എന്നാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രിയപ്പെട്ടവർ നമുക്ക് ഈ ലോകത്തിലെ മാനുഷിക ബന്ധങ്ങളിൽ നമ്മുടെ പ്രത്യേകത മനസ്സിലാക്കി നമ്മളോട് ഇടപെടാൻ ആളുകൾക്ക് കഴിയില്ലെങ്കിലും അങ്ങനെ കഴിയുന്ന ഒരുവനുണ്ട് അതാര നമ്മുടെ കർത്താവ് അവിടത്തേക്ക് നിന്നെ അറിയാം നിനക്കെന്തോ വരെ സഹിക്കാൻ നോക്കുമെന്ന് അവിടത്തേക്ക് അറിയാം അതിനപ്പുറത്തേക്ക് എന്തു ചെയ്യുകയില്ല നിന്നെ വിടുകേല നമ്മളെപ്പോഴും ഓർക്കുന്ന ഒരു വാക്യം സങ്കീർത്തനത്തിലെ ഒരു മനോഹരമായ വാക്യമാണ് നൂറ്റിമൂന്നാം സങ്കീർത്തനം നൂറ്റിമൂന്നാം സങ്കീർത്തനത്തില് ദാവീദിൻ്റെ സങ്കീർത്തനത്തില് ദാവീദ് പറയുന്നുണ്ടല്ലോ അതിൻ്റെ പതിനാലാമത്തെ വാക്യം അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ ൊടിയെന്ന് അവനോർക്കുന്നു കണ്ടോ ഒരു അതിൻ്റെ മുകളിൽ പറഞ്ഞേക്കുന്നത് കുറച്ചുകൂടെ അതുമായിട്ട് ചേർന്ന് വരുന്നതാണ് ഒരു ഒരപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഏഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു ഒരപ്പന് തൻ്റെ മക്കൾ തനിക്ക് അഞ്ച് മക്കളുണ്ടെങ്കിൽ അഞ്ച് മക്കളും ഒരുപോലല്ല എല്ലാവരോടും ഒരേ പോലെയല്ല വിവരമുള്ള ഒരു പിതാവ് ഇടപെടുന്നു ഒരാളോടൊരു കാര്യം ഗൗരവമായിട്ട് പറഞ്ഞു തന്നിരിക്കും മറ്റൊരാളോട് അതേ കാര്യം തന്നെ അത്രത്തോളം ആയിരിക്കില്ല പറയുന്നത് വേറൊരു തരത്തിലായിരിക്കും പറയുന്നത് ഒരാളെ ശിക്ഷിക്കുന്ന പോലെ ആയിരിക്കലോ മറ്റൊരാളെ ശിക്ഷിക്കുന്നത് കാരണം അപ്പനെന്തോ അറിയാം അപ്പന് മക്കളുടെ പ്രത്യേകതകൾ അറിയാം അതുകൊണ്ട് അപ്പനപ്പനായിരിക്കുന്നത് അഞ്ച് മക്കളുണ്ട് അഞ്ച് മക്കൾക്കും ഒരേ രീതിയല്ല ആ മക്കളുടെ പ്രത്യേകതകൾ അറിയാവുന്ന പിതാവ് അവന് ഓരോരുത്തരെയും ഇൻഡിവിഡുവലായിട്ടെടുത്ത് അവരെ ശ്രദ്ധിക്കുന്നു പ്രിയപ്പെട്ടവർ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾക്കൊരു ഇൻഡിവിഡുവൽ വ്യക്തിപരമായ ഒരു അറ്റൻഷൻ കൊടുക്കാൻ ആർക്കാ സമയം ഭരിക്കുന്നവർക്ക് അവർക്കൊരു പൊതു നിയമം എല്ലാവർക്കും ഒരു പൊതു നിയമം എല്ലാവരും ഇത്രാം തീയതി ഇന്നത് ആ ഒരാളും വന്ന് പറയും എൻ്റെ സാറേ എനിക്ക് അന്ന് വരാൻ പറ്റിയില്ല എനിക്ക് സുഖമില്ലായിരുന്നു കോസ് അതൊന്നും സർക്കാരിനറിയേണ്ട ഇരുപത്തൊന്നാം തീയതിക്കകം അത് ചെയ്തിരിക്കണം എന്നൊരു പൊതു നിയമമാണെങ്കിൽ എല്ലാവർക്കും ഉള്ള ഒരു നിയമം അത് ഒരു ഇൻഡിവിഡുവൽ അറ്റൻഷൻ വ്യക്തിപരമായ ഒരു ശ്രദ്ധ കൊടുത്ത് ഈ ആളെന്താ ഇങ്ങനെ എന്നുള്ള നിലയിൽ ആ ആളിനെ കാണാനും കരുതാനും സമൂഹത്തിൽ ഇന്ന് അതിനുള്ള സൗകര്യങ്ങളില്ല എന്നാൽ ഇത്രയും അഖിലാണ്ടത്തെ മുഴുവൻ ഭരിച്ച് നടത്തുന്ന വലിയവനായ ദൈവം നമ്മളെയൊക്കെ സ്നേഹിക്കുകയും നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേകതകൾ അറിഞ്ഞ് കണ്ടോ അതിൻ്റെ താഴെ നമ്മൾ വായിച്ചത് ആ പിതാവിനെ മക്കളോട് കരുണ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രകൃതി നമ്മുടെ പ്രകൃതി നമ്മുടെ പ്രകൃതം കർത്താവ് യേശു തന്നെ നോക്കുക അവിടുന്ന് തനിക്ക് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു ഈ ശിഷ്യന്മാരിൽ എല്ലാവരോടും ഒരേപോലാണോ ഇടപെട്ടത് പത്രോസിനോട് ഇടപെടുമ്പം ഒരു ഒരു തരത്തിൽ യോഹനാനോട് ഇടപെടുമ്പം വേറൊരു തരത്തിൽ കാരണം പത്രോസിൻ്റെ പ്രകൃതമല്ല യോഹന്നാൻ്റെ പ്രകൃതം സഹോദര സഹോദരി നമുക്കൊരേ ഒന്നിച്ച് ഒരേ പ്രകൃതമല്ല ഒരു ഒരച്ചിലിട്ട് വാർത്തെടുത്ത ആളുകളല്ല നമ്മൾ നമുക്കൊക്കെ നമ്മുടേതായ പ്രത്യേകതകളുണ്ട് വ്യക്തിത്വമുണ്ട് പ്രകൃതമുണ്ട് ഈ പ്രകൃതം ഒരുപക്ഷേ മറ്റാളുകൾക്ക് പലർക്കും ഇഷ്ടപ്പെട്ടില്ലെന്നിരിക്കും നമ്മുടെ ടെമ്പറമെൻറ്റ് ചിലർ പറയലേ ആ ആളിൻ്റെ ടെമ്പറമെൻ്റ് അയാൾ വളരെ ഒരു എന്താ വളരെ ഒരു ഇൻട്രോവർട്ടാ ഇൻട്രോവർട്ടായ ഒരാളാണ് വേണ്ട കാര്യങ്ങളൊന്നും തുറന്ന് പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രകൃതം അങ്ങനെ പക്ഷേ ആ പ്രകൃതം അങ്ങനാണെന്ന് മനസ്സിലാക്കിയാലും അത് ഉൾക്കൊള്ളാൻ പലർക്കും കഴിയല്ല എന്നാൽ ദൈവം തമ്പരാനെക്കുറിച്ച് എന്താണ് നമ്മളിവിടെ വായിച്ചത് അവിടുന്ന് നമ്മുടെ പ്രകൃതം അറിഞ്ഞിട്ട് നാം പൊടിയെന്ന് ഓർത്ത് നമ്മളോട് സഹതപിക്കുന്നു നമ്മളോട് ചേർന്ന് നിൽക്കുന്നു നമ്മളോട് ആ നിലയിൽ നമ്മുടെ പ്രകൃതം അറിഞ്ഞ് നമ്മളെ കൈക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മളവിടെ കാണുന്നത് നമ്മുടെ പ്രകൃതമറിയുന്നു നാം പൊടിയെന്ന് ഓർക്കുന്നു ദൈവത്തിനെപ്പോഴും വലിയവനായി ദൈവത്തിന് നമ്മളോട് അടുത്ത് വരുമ്പോൾ അവിടെ നിന്ന് നമ്മളെക്കുറിച്ച് എന്തോ ഓർക്കും നമ്മൾ പൊടിയ പൊടിയ അല്ലേ പൊടിയല്ലേ ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെ നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ രണ്ടാമത്തെ ആയത്തിൻ്റെ ഏഴാമത്തെ വാക്യം രണ്ടിൻ്റെ ഏഴ് നോക്കിയാൽ ദൈവം മനുഷ്യനെ നിർമ്മിച്ചത് എങ്ങനെയാണ് അവനെ നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് മനുഷ്യനെന്താ പൊടിയ എൻ്റെയും നിൻ്റെയും പ്രകൃതത്തിലെ പല പല രീതിയിലുള്ള പ്രത്യേകതകളൊക്കെ കാണുമ്പോൾ ദൈവം ഇത് ചെയ്യുന്നു ദൈവം നമ്മളോട് സഹതപിക്കുന്നു എന്നിട്ട് ഓർക്കുന്നു പൊടിയല്ലേ പോട്ടെ പൊടിയ ഇവനെന്താ പൊടിയ പൊടി കൊണ്ടുണ്ടാക്കിയവന് ആകെ ഉള്ളത് ഞാനിവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയെന്നല്ലേ ഉള്ളു പൊടിയാണ് ഇവിടത് കണ്ടോ നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ പ പതിനാലാമത്തെ വാക്യത്തിൽ അവൻ നമ്മളോട് പൊടിയെന്ന് അവൻ ഓർക്കുന്നു എന്നാൽ നമ്മൾ പലപ്പോഴും ഓർക്കുകയില്ല നമ്മൾ പൊടിയാന്ന് ഓർക്കുകയില്ല ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഓർക്കുക നമ്മൾ ഏത് രംഗത്ത് വരുമ്പോഴും ഓ ഞാനെന്താ ഞാൻ പൊടിയാണ് അതല്ലേ നമ്മളെക്കുറിച്ചുള്ള സത്യം മനുഷ്യനെക്കുറിച്ചുള്ള സത്യം മനുഷ്യനെ നിലത്തെ പൊടി കൊണ്ടുണ്ടാക്കി എന്നുള്ളതാണ് അപ്പം നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ ഏറ്റവും വലിയ മെറിറ്റ് നമുക്ക് പറയാനൊക്കുന്നത് എന്താണ് നമ്മൾ വെറും പൊടിയാണെന്നുള്ളതേ നമുക്ക് പറയാനുള്ളൂ പക്ഷേ നമ്മൾ പറയുന്നത് എന്താ ഞാനോ ഞാൻ ആര് ഈ നാം പൊടിയൊന്നും നമ്മൾ ഓർക്കുന്നില്ല എന്നാൽ നമ്മൾ ഓർക്കാതിരിക്കുമ്പം ദൈവമത് നമ്മളോടുള്ള കരുണയ്ക്ക് വേണ്ടി അത് ഓർക്കുന്നു അവിടുന്ന് നമ്മൾ പൊടിയെന്ന് ഓർക്കുന്നു ഇവിടെ ഇതാ നമ്മൾ അതിലേക്ക് വരുമ്പോൾ ആ വാക്യങ്ങൾ നമുക്ക് അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു അതിൻ്റെ മുകളിൽ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു കണ്ടോ ദൈവം നമ്മുടെ പാപങ്ങൾ നമ്മളോട് ക്ഷമിക്കുന്നു ലംഘനങ്ങളെ നമ്മോട് അകറ്റുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നമ്മളോട് സഹതവിക്കുന്നു നാം പൊടിയെന്ന് ഓർക്കുന്നു അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴോ പതിനഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ്റെ ആയുസ് പുല്ല് പോലെയാകുന്നു വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിസ്സാരത ദൈവം ഓർക്കുന്നു ദൈവം ഓർത്ത് അവനോട് അവൻ്റെ ഭാവിയെ ഓർത്തും അവനോട് ക്ഷമിക്കുകയും അവനോട് കരുണ കാണിക്കുകയും ചെയ്യുന്നു പതിനേഴാമത്തെ വാക്യം ഏഹോയുടെ ദയോ എന്നുവെന്നേക്കോ അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും ഞാൻ പറഞ്ഞു വന്നത് ഈ വാക്യത്തിൽ തന്നെ ഒരു മൂന്ന് കാലം കിടപ്പുണ്ട് ഒന്നെന്ന് പറയുന്നത് എന്താ അതിൻ്റെ നൂറ്റിമൂന്ന് അസം കീർത്തനത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിലാണ് നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു നമ്മുടെ പാപങ്ങളെ ദൈവം ക്ഷമിച്ചു ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാം പറയാൻ കഴിയുന്ന ഒരു കാര്യം കർത്താവ് നമ്മുടെ പാപങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു അതിനെ ക്ഷമിച്ചിരിക്കുന്നു എന്നിട്ടിപ്പോഴോ അത് ഭൂതകാലത്തിൽ സംഭവിച്ചു നമ്മളെ രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവിനെ അറിഞ്ഞപ്പോൾ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങളെ നമ്മോടകറ്റി കർത്താവ് നമ്മോട് ക്ഷമിച്ചു നമ്മെ അവിടുത്തെ മക്കളാക്കി തീർത്തു ഭൂതകാലത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് എന്നാൽ ഇന്ന് വർത്തമാനകാലത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താ ഇന്ന് നമ്മളോട് കർത്താവ് കരുണ കാണിക്കുന്നു നാം പൊടിയാണെന്ന് ഓർക്കുന്നു ഓ നമ്മുടെ ജീവിതം നിസാരമാണെന്ന് കർത്താവ് കാണുന്നു യാക്കോവ് പിന്നെ ഒരിടത്ത് പറയുന്നുണ്ട് ഏഹ് പുല്ലുണങ്ങി പൂ ഉതിർന്നു ഇതുപോലെയുള്ളു മനുഷ്യൻ്റെ ആയുസ് അങ്ങനെയാണ് മനുഷ്യൻ്റെ ആയുസ് എന്നുള്ള ദൈവം ഓർക്കുന്നു എന്നിട്ട് ഭാവിയെ സംബന്ധിച്ച് നമ്മൾ കണ്ടോ അതിൻ്റെ പതിനേഴാമത്തെ വാക്യം യഹോയുടെ ദയോ എന്നുമെന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ ഉണ്ടാകും ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് സിമ്പതി എന്ന് പറയുന്നത് നമ്മൾ നൂറ്റിമൂന്നിൻ്റെ പതിനാല് നടുക്കുള്ള ഒരു വാക്യം വായിച്ചിട്ടാണ് തുടങ്ങിയത് ദൈവത്തിൻ്റെ സിമ്പതി എന്ന് പറയുന്നത് ഒരു ഉപരിപ്ലവമായ ഒരു സിമ്പതിയല്ല ചില ആളുകൾ മറ്റുള്ളവരെ കുറിച്ച് ചെയ്യുന്ന കേട്ടിട്ടില്ല അയ്യോ പാവം അയ്യോ പാവം എന്ന് എങ്ങനത് സഹിക്കും ഇത്ര ചെറുപ്പത്തിലെ വിധവയായാലും എങ്ങനെ അത് സഹിക്കും എന്നൊരു സിമ്പതി പറഞ്ഞേച്ച് ഉടനെ നമ്മളടുപ്പത്തിരിക്കുന്ന നമ്മുടെ പാല് തിളച്ചു തൂവിയോ എന്നൊക്കെ പോയി നോക്കുക ഈ കാര്യം മറന്നുപോയി ദൈവത്തിൻ്റെ സിമ്പതി ദൈവം നാം പൊടിയെന്ന് ഓർക്കുന്നു എന്നു പറയുന്നത് അങ്ങനെ ഒരു ഒരു പാസിങ് ഒരു റെഫറൻസ് അല്ല മറിച്ച് അതിന് ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവിയിലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ നമ്മളോടുള്ള കരുതൽ അവിടെ കിടപ്പുണ്ടെന്നാണ് ഞാൻ പറയാൻ വന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലംഘനങ്ങളെ നമ്മളോട് ക്ഷമിച്ചു നമ്മുടെ അകൃത്യങ്ങളെ നമ്മോട് അകറ്റി തൻ്റെ മക്കളാക്കി തീർത്തു ദൈവത്തിൻ്റെ ആ ഭൂതകാലത്തിലെ ഒരു ഘടകമാണത് വർത്തമാനകാലത്തിലോ വർത്തമാനകാലത്തിൽ നമ്മുടെ പോഷത്വങ്ങളെ അവൻ പൊടിയല്ലേ പൊടിയല്ലേ അവൻ്റെ പ്രകൃതം അങ്ങന എന്നൊക്കെ കരുതി എത്ര നിന്നാലും ഇത് എഴുപതോ എൺപതോ വർഷം നിൽക്കുന്ന ഒന്നല്ലേ പുല്ല് ഉണങ്ങി പൂ ഉതിർന്നു പോകും ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ഓർത്ത് വർത്തമാനകാലത്തിലെ നമ്മുടെ മടയത്തരങ്ങളെ കർത്താവ് കരുണയോടെ കാണുന്നു ഭാവിയെ സംബന്ധിച്ചോ ഭാവിയെ സംബന്ധിച്ച് ഇതാ അവൻ്റെ ദയ എന്നേക്കും എന്നേക്കും മക്കളുടെ മക്കൾക്കും നൽകുന്ന അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് കർത്താവിൻ്റെ സഹതാപം നമ്മളോടുള്ള ആ ദയെന്ന് പറയുന്നത് ഒരു തൊലിപ്പുറത്തുള്ള ദയല്ല മൂന്ന് കാലങ്ങളെ ബന്ധപ്പെടുത്തി നിൽക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നിൽക്കുന്ന ഒരു ദയാണ് ആ ദയെക്കുറിച്ച് നമ്മൾ കാണുന്നത് ഓ നമ്മുടെ പ്രകൃതം അറിഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ക കണ്ടത് ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരേ നമുക്ക് സഹിപ്പാൻ കഴിയുന്നതിൽ കൂടുതലെ കഷ്ടത ദൈവം തരികയില്ല കാരണം നമുക്ക് എത്രത്തോളം സഹിപ്പാൻ കഴിയുമെന്ന് അവിടത്തേക്കറിയാം നമ്മൾ കരിഞ്ചീരകമാണോ അതോ കോതമ്പാണോ എന്ന് തനിക്കറിയാം താൻ അതിനനുസരിച്ചേ ഇടപെടുകയുള്ളു നമ്മുടെ പ്രകൃതമറിയാം പ്രകൃതമറിഞ്ഞ് നമ്മളോട് സഹതപിച്ച് നമ്മുടെ ഭൂതകാലത്തെ ലംഘനങ്ങളെ അകറ്റി ഇന്ന് നമ്മളോട് കരുണ കാണിച്ച് ഭാവിയിലും വാഗ്ദാനങ്ങൾ നൽകി എൻ്റെ മകനെ മകളെ നിൻ്റെയോടുള്ള എൻ്റെ ദയം മാറുകയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ മൂന്ന് കാലങ്ങളെ ബന്ധപ്പെടുത്തിയുള്ള ദൈവത്തിൻ്റെ ഒരു ഒരു മൊത്തത്തിലൊരു പാക്കേജാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നു ഇന്ന പ്രിയപ്പെട്ടവരെ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ ജീവിതത്തിൻ്റെ പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോവുകയും കഷ്ടതകളിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്യുമ്പോൾ പല രംഗത്ത് നമ്മൾ ഓർത്തിട്ടില്ലേ ഇത് ഇത് ആരെക്കൊണ്ട് സഹിക്കാനൊക്കെ ദൈവം എന്താ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് ദൈവം എന്താ എന്നോട് കരുണ കാണിക്കാത്തത് ദൈവം എന്താ താൻ എനിക്ക് കഴിയുന്നതിനപ്പുറത്ത് ഈ പരീക്ഷകളെല്ലാം തരുന്നത് ഇങ്ങനെ തന്നാൽ ഞാൻ എങ്ങനെ നിൽക്കും അബോധപൂർവമാണെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോഴെങ് ബോധപൂർവവും ഇങ്ങനെ ചിന്തിച്ചിട്ടില്ലേ ദൈവത്തോട് ചോദിച്ചിട്ടില്ലേ ദൈവത്തോട് പരാതിപ്പെട്ടിട്ടില്ലേ പ്രിയ സഹോദര സഹോദരി നീ ഈ ഒന്ന് കോരിന്തർ പത്തിൻ്റെ പതിമൂന്നിലെ വചനം നിന്നെ കായിട്ടെടുക്കുക എന്താ അവിടെ പറയുന്നത് നിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് ദമ്പരം നിന്നെ വിടുകയില്ല വിടുകയില്ല കാരണം അവിടുന്ന് നിൻ്റെ പ്രത്യേകതകൾ അറിയാം അവിടുന്ന് അതിനനുസരിച്ചേ പെരുമാറുകയുള്ളൂ ഇന്നലെ നിൻ്റെ ലംഘനങ്ങളെ അകറ്റി നിന്നെ മകനാക്കി തീർത്താം മകളാക്കി തീർത്ത കർത്താവ് ഇന്ന് വർത്തമാനകാലത്തെയും നിന്നോട് സഹതപിക്കാതിരിക്കുമോ ഭാവിയിൽ തൻ്റെ ദയെ കാണിക്കാതിരിക്കുമോ ഇല്ല ഇല്ല ഇല്ല കർത്താവ് നിന്നെ കൈക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രകൃതം അറിയുന്നു ആ പ്രകൃതം അറിഞ്ഞ് നമ്മെ സ്നേഹിക്കുന്നു നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ കാര്യങ്ങളാണ് നമുക്കൊരു ധൈര്യത്തിനായിട്ട് ഈ ഭാഗത്ത് നിന്ന് എടുക്കാവുന്നത് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം ഈ കഷ്ടതകൾ നമ്മൾ പറഞ്ഞു ഒന്ന് കോരിന്ത പത്താം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പരീക്ഷയെന്ന് പറയുന്നത് ടെംറ്റേഷൻ മാത്രമല്ല അവിടെ കഷ്ടതകളാണ് കഷ്ടതകൾ ഈ കഷ്ടതകൾ അത് നമുക്ക് ദൈവം തരുമ്പോൾ അത് എന്തിനു വേണ്ടിയ തിനു വേണ്ടിയാണ് ഈ കഷ്ടതകൾക്കൊരു ഉദ്ദേശമുണ്ടോ നമുക്ക് സഹിപ്പാൻ കഴിയുന്നതേ തരുവുള്ളെന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ ആ തരുന്നതിന് ഒരു ഉദ്ദേശമുണ്ടോ ഉദ്ദേശമുണ്ടോ നമ്മൾ എബ്രാ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും എബ്രാർ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവം നമുക്ക് കഷ്ടങ്ങൾ തരുന്നതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത് മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത് അവൻ ശാസിക്കുമ്പോൾ മുഷിയേയും കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന നിങ്ങളോട് സംവദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് നിങ്ങളോട് പെരുമാറുന്നു അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല കൗലടയന്മാരത്രേ നമ്മുടെ ജഡസസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലോ അവർ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായിത്തന്നെ ശിക്ഷിക്കുന്നത് ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല ദുഃഖകരമത്രേ പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും കണ്ടോ നമ്മൾ വായിച്ചത് നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട് അത് പരിധിക്കപ്പുറത്തേക്ക് വിടുകയില്ല എന്നാണ് നമ്മൾ പറഞ്ഞത് ശരി അങ്ങനെ ആകട്ടെ ഈ കഷ്ടങ്ങൾ എന്തിനാണ് നമുക്ക് തരുന്നത് കഷ്ടങ്ങൾ വരുമ്പോൾ ഇവിടെ എബ്രാഹം ലേഖനകാരം പറയുന്നു ഒന്ന് നിനക്കെന്തോ ചെയ്യാനൊക്കും നിനക്ക് അതിൻ്റെ അകത്തു നിന്നൊരു സന്തോഷത്തിൻ്റെ ഒരു കാര്യം എടുക്കാൻ ഒക്കും സാധാരണ സന്തോഷമുള്ള ഒരു കാര്യവും നമുക്ക് എടുക്കാൻ വയ്ക്കുകയല്ല എന്നാൽ ഇവിടെ ഇതാക്കണ്ടോ എബ്രാഹിം ലേഖനകാരൻ്റെ ആർഗ്യുമെൻ്റ് എന്താ എബ്രാഹിം ലേഖനം പറയുന്നത് അപ്പൻ മകനെ മാത്രമേ അടിക്കുകയുള്ളൂ ശിക്ഷിക്കുകയുള്ളൂ അപ്പോൾ നിനക്കൊരു ശിക്ഷയോ കഷ്ടതയോ വന്നാൽ നിനക്കൊന്നാമത് ധൈര്യപ്പെടാനുണ്ട് എന്താ ഞാൻ മകന് ഞാനൊരു കൗലടയനായിരുന്നെങ്കിൽ എന്തോ ചെയ്യയില്ല യഥാർത്ഥത്തിലുള്ള മകനല്ലായിരുന്നെങ്കിൽ അപ്പനെന്നെ ശിക്ഷിക്കുകയില്ലായിരുന്നു എനിക്ക് ബാലശിക്ഷ തരുന്നത് ഞാൻ മകനായതുകൊണ്ടും എന്നെക്കുറിച്ച് പ്രതീക്ഷയുള്ളത് കൊണ്ടുമാണ് കർത്താവ് അത് ചെയ്യുന്നത് എന്നുള്ള ഒരു സന്തോഷത്തിൻ്റെ കാര്യം ഒന്നാമതെടുക്കണം ഏ അപ്പന എന്നെ സ്നേഹിക്കുന്നു കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു കർത്താവിനെ സ്നേഹിക്കുന്നു എന്നെ കൈക്കൊള്ളുന്നു എന്നുള്ള ഒരു കാര്യം കഷ്ടതയുടെ മധ്യത്തിൽ നമ്മളെ ധൈര്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഓക്കെ അത് സമ്മതിച്ചു കഷ്ടതയുടെ മധ്യത്തിൽ നമ്മളങ്ങനെ ധൈര്യപ്പെട്ടു പക്ഷേ ഈ കഷ്ടത എന്തിനാ തന്നത് നമ്മളോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞ് വെറുതെ തല്ലുപോ ഒരു ഒരപ്പന് ഒരു മകനെ പിടിച്ച് തല്ലുക തല്ലുകൊള്ളുമ്പോൾ മകൻ ചോദിക്കുക അപ്പ എന്തിനാണ് എന്നെ തല്ലുന്നത് എനിക്ക് നിന്നോട് സ്നേഹമുള്ളതുകൊണ്ട് അതല്ലുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വൈരുദ്ധ്യമുണ്ട് ഏഹ് അവനെന്തോ അവൻ്റെ ജീവിതത്തിൽ ഏതോ കാര്യത്തിൽ അവൻ്റെ ഭാഗത്തുണ്ടായ പോരായ്മ പരിഹരിക്കാൻ വേണ്ടിയാണ് ശിക്ഷ കൊടുക്കുന്നത് ആ ശിക്ഷയുടെ പിന്നിൽ ഒരു സ്നേഹത്തിൻ്റെ ഹൃദയമുണ്ട് അവൻ എൻ്റെ മകനാണ് നന്നായി വരണം എന്ന സ്നേഹത്തിൻ്റെ ഒരു വികാരമുണ്ട് അത് ഈ ശിക്ഷ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് സ്നേഹം കാണിക്കാൻ വേണ്ടി വെറുതെ തല്ലുകയില്ല അപ്പോൾ നമുക്കിപ്പം ഒരു കഷ്ടത വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വേറെ ഒന്ന് നമ്മളെ സ്നേഹിക്കുന്നത് ഇത് തരുന്നത് പക്ഷേ ഇപ്പം നമ്മളെ ഈ തല്ലുന്നതിന് പിന്നിൽ ഈ കഷ്ടത വരുന്നതിന് മുമ്പിൽ എന്തോ ഒരു കാര്യം ദൈവത്തിന് ഉദ്ദേശമുണ്ട് നമ്മളെ ഏതോ തരത്തിൽ മാറ്റിയെടുക്കാനായിട്ട് ദൈവം ചെയ്യുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണിത് എന്ന കാര്യവും കാണണം എന്നാണ് അവിടെ പറയുന്നു എന്താ അത് അതിൻ്റെ ഞാൻ നീട്ടുന്നില്ല ഞാൻ വളരെ വേഗത്തിൽ ആ കാര്യത്തിലേക്ക് വരാം അതിൻ്റെ പത്താമത്തെ വാക്യം കണ്ടോ അവിടെയാണ് അതിൻ്റെ മറുപടി കിടക്കുന്നത് എന്തിനാ ദൈവം നമ്മളെ ഈ തല്ലുന്നത് ശിക്ഷിക്കുന്നത് ഓ അതിൻ്റെ പിന്നിൽ അവിടത്തേക്ക് ഒരു ഉദ്ദേശ്യമുണ്ട് ഒന്ന് നമ്മൾ മക്കളായതുകൊണ്ടും നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടുമാണ് ഈ ശിക്ഷിക്കുന്നത് തന്നെ വേറൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം ഈ കഷ്ടത തന്നിരിക്കുന്നത് അതെന്താ നാം പത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എവിടെയോ എവിടെയോ പോരായ്മകളുണ്ട് ആ പോരായ്മകൾ മാറ്റാനായിട്ട് ഒരു ഹോളിനെസിലേക്ക് ഒരു വിശുദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇപ്പോഴ് ഈ കഷ്ടത ദൈവം തരുന്നത് എന്നൊരു കഷ്ടതയുടെ പിന്നിലുള്ള ഒരു ലക്ഷ്യത്തെക്കുറിച്ച് നമ്മളവിടെ കാണുക കണ്ടോ അങ്ങനെ വിശുദ്ധി പ്രാപിക്കുമ്പോൾ ആ വിശുദ്ധിയിലൂടെ എന്ത് സംഭവിക്കും അതിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും മൂന്ന് കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവര് ഒന്ന് വിശുദ്ധി രണ്ട് നീതി മൂന്ന് സമാധാനം ഹോളിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ആന്തരികമായി ഉള്ള ഒരു കാര്യമാണ് ഒരു വിശുദ്ധി കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടിൽ ഒരു നിലപാടിൽ ആന്തരികമായിട്ട് സംഭവിക്കേണ്ടതാണ് വിശുദ്ധി ആ വിശുദ്ധി പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ അത് പ്രകടമാകും പ്രകടമാകുന്നത് എവിടെയാണ് പ്രകടമാകുന്ന നീതിയിലാണ് പ്രകടമാകുന്നത് റൈച്ചസ്നെസ്സിലാണ് അത് പ്രകടമാകുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആന്തരികമായ വിശുദ്ധിക്ക് അനുകുണമായിട്ടായിരിക്കും നമ്മുടെ നീതി ദൈവത്തോടും മനുഷ്യരോടും ഉള്ള നീതി ഒരു ഒരു വൃക്ഷം വൃക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുക ആ വൃക്ഷത്തിന് ജീവനുണ്ട് വൃക്ഷത്തിൻ്റെ ഉള്ളിലൂടെ അതിൻ്റെ ആ സാപ്പ് അത് ഓടുന്നുണ്ട് ആ ജീവരസം ഓടുന്നുണ്ട് ആ ജീവരസത്തോട് ചേർത്ത് വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുക ആ വിശുദ്ധി ഇല്ലെങ്കിൽ എന്തുണ്ടാകുകയില്ല അതിന് ആ മരത്തിന് വളർച്ച ഉണ്ടാകുകയില്ല അതിന് ശിഖരങ്ങൾ ഉണ്ടാകുകയില്ല നീതി എന്നുള്ളതിനെ ആ ശിഖരങ്ങളോട് ചേർത്ത് ചിന്തിക്കാം ദൈവത്തോട് മനുഷ്യരോട് ഒക്കെ നമ്മൾ നീതിയായിട്ട് പെരുമാറണം ഈ നീതിയായിട്ട് പെരുമാറണമെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ തുടങ്ങാൻ അവിടെ തുടങ്ങാൻ ഒക്കുകയില്ല തുടങ്ങാൻ ഒക്കുന്നത് എവിടെയാ ആന്തരികമായ വിശുദ്ധിയിലാണ് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിലാണ് ആ ബന്ധം കൂടുതൽ വിശുദ്ധമാകുന്നതിനനുസരിച്ചാണ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നീതി പ്രതിഫലിക്കുന്നത് പലരും വിചാരിക്കുന്നത് നമുക്കങ്ങ് നീതിയായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനൊക്കും അവിടെ തുടങ്ങാമെന്നാണ് അവിടെ തുടങ്ങാൻ ഒക്കുകയല്ല പ്രിയപ്പെട്ടവർ വിശുദ്ധിയിലാണ് തുടങ്ങേണ്ടത് ആന്തരികമായിട്ടുള്ള ആ വിശുദ്ധിയുടെ പ്രതിഫലനമായിട്ട് മാത്രമാണ് നമ്മുടെ നീതി പ്രവർത്തികളാകാൻ ഒക്കുക കണ്ടോ നമ്മൾ വിശുദ്ധി പ്രാപിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി നീതി നീതി എന്ന് പറയുമ്പോൾ ആരോടൊക്കെയുള്ള നീതി നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരോട് സഹജീവികളോടുള്ള നീതി ദൈവത്തോട് നീതി ദൈവത്തോട് നമ്മൾ നീതി കാണിക്കേണ്ടത് എന്തൊക്കെയാണ് എന്തെല്ലാം കാര്യങ്ങൾ ദൈവം ചെയ്ത കാര്യങ്ങളോടുള്ള നന്ദി ദൈവത്തോട് ഉള്ള മനോഭാവം ദൈവത്തെ സ്തുതിക്കേണ്ടത് ഇതെല്ലാം യാന്ത്രികമായി വരുന്ന ഒന്നല്ല ദൈവത്തോടുള്ള വിശുദ്ധമായ ഒരു ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ദൈവത്തോട് നമ്മൾ കാട്ടേണ്ട നീതി വരുന്നത് അതുപോലെ മറ്റ് മനുഷ്യരോട് കാട്ടേണ്ട നീതിയും വരുന്നത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം ആ വിശുദ്ധി ഉള്ളിലുള്ള ആ കാര്യം അത് ശരിയാകുമ്പോഴാണ് മറ്റു മനുഷ്യരോടുമുള്ള നീതി വരുന്നത് ഈ നീതി വന്നാലോ അവിടെ അത് തീരുന്നില്ല കണ്ടോ അതിനൊരു ഫലമുണ്ട് ഫലമെന്താ സമാധാനം സമാധാനം ഒരു വൃക്ഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച പോലെ അതിൻ്റെ ഉള്ളിൽ സജീവമായിട്ട് ആ ജീവരസം ഉള്ളതുകൊണ്ട് അതിന് ശിഖരങ്ങളുണ്ട് ആ ശിഖരങ്ങളിൽ ഒടുവിൽ അതിൻ്റെ തണ്ടിൽ എന്തോ സംഭവിക്കും ഒരു ഫലവും ഉണ്ടാകും സമാധാന ഫലം നമ്മളെപ്പോഴും വിചാരിക്കുന്നത് നമുക്കെല്ലാവരോടും സമാധാനമായിട്ടായിരിക്കണം എന്നൊക്കെയല്ലേ നമുക്ക് ജീവിതത്തിൽ ഈ സമാധാനം ഉണ്ടാകണം പക്ഷെ സമാധാനം ആ നിലയിൽ ഉണ്ടാകുകയല്ല സമാധാനം എന്താന്നാ പറഞ്ഞത് സമാധാനം നീതിയുടെ ഫലമാണെന്നാണ് ഇവിടെ പറഞ്ഞത് ആട്ടെ ഈ നീതി എവിടുന്ന് ഉണ്ടാകും നീതി ആ അഭ്യാസം തികയുമ്പോഴാണ് ഏതഭ്യാസം വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായിട്ട് നമ്മളെ അഭ്യസിപ്പിക്കുന്ന ആ കാര്യത്തെ തുടർന്നാണ് നീതി ഉണ്ടാകുന്നത് അതിനെ തുടർന്നാണ് സമാധാന ഫലം വ്യക്തമായോ മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും ഏറ്റവും ആന്തരികമായിട്ടുള്ളത് വിശുദ്ധി നീതി സമാധാനം നമുക്ക് സമാധാനത്തെ തുടങ്ങാനൊക്കെയല്ല നീതിയിലും തുടങ്ങാനൊക്കെയല്ല വിശുദ്ധിയിൽ തുടങ്ങണം വിശുദ്ധി തുടങ്ങണം ആ വിശുദ്ധി നമ്മളെ പ്രാപിപ്പിക്കാൻ വേണ്ടിയാണ് എന്താ നമ്മുടെ ഗുണത്തിനായിട്ടാണ് നമ്മളെ ശിക്ഷിച്ചതെന്നാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ദൈവം അനുവദിച്ച ആ കഷ്ടതയുടെ ആ പർപ്പസ് കണ്ടോ ലക്ഷ്യം കണ്ടോ ലക്ഷ്യമെത്ര എത്ര ആന്തരികമായൊരു ലക്ഷ്യമാണ് ദൈവത്തോടുള്ള കൂടുതൽ വിശുദ്ധമായ ഒരു ബന്ധം നമുക്കുണ്ടാകണം എൻ്റെ മകൻ എൻ്റെ മകൾ ഞാൻ അവനെ രക്തം കൊടുത്ത് വീണ്ടെടുത്തു അവൻ്റെ ജീവിതം ഇങ്ങനെ പൊത്തുവരുത്തത്തിൽ അങ്ങ് പോയാൽ പോരാ അവൻ്റെ പെരുമാറ്റത്തിൽ അവൻ്റെ മനോഭാവത്തിൽ അവൻ്റെ ജീവിതത്തിലെ സമാധാനം ഇതെല്ലാം വേണമെന്ന് കർത്താവ് കണ്ടിട്ട് കർത്താവ് സമാധാനത്തിലല്ല തുടങ്ങുന്നത് അല്ലെങ്കിൽ നീതിയിലല്ല തുടങ്ങുന്നത് മറിച്ച് വിശുദ്ധി ദൈവത്തോടുള്ള ബന്ധത്തിൽ ആ ഹോളിനസ് അവനിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി അതിനെന്ത് വേണം അതിനു വേണ്ടിയാണ് അവനെ ശിക്ഷിക്കുന്നത് നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായിട്ടാണ് ശിക്ഷിക്കുന്നത് കണ്ടോ കഷ്ടതയുടെ പിന്നിലുള്ള ഒരു ലക്ഷ്യം കണ്ടോ അങ്ങനെ വിശുദ്ധി പ്രാവിക്കുമ്പം നമുക്ക് ദൈവത്തോടും മനുഷ്യരോടും സഹജീവികളോടും നീതി പുലർത്താനായിട്ട് കഴിയും നീതി പുലറിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ സമാധാനവും ഉണ്ടാകും പലർക്കും ഈ ഒരു പ്രോസസ്സ് അറിഞ്ഞുകൂടാ പലരും വിചാരിക്കുന്നത് ഇന്നത്തെ ലോകമൊക്കെ വിചാരിക്കുന്നത് എവിടെയും എന്താ പറയുന്നത് നമുക്ക് സമാധാനം വേണം സമാധാനം വേണം സമാധാനം വേണം എല്ലാവരും കൂടെ കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് സമാധാനം ഉണ്ടാക്കാം അവസാനം കൂടി ഇരുന്ന് ചർച്ച കഴിയുമ്പം പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ അസമാധാനവും അല്ലേ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ സമാധാനം ഉണ്ടാക്കുന്നതിലാണ് ഫോക്കസ് അവിടെ അല്ല ഫോക്കസ് വേണ്ടത് അതിൻ്റെ പുറകില അതിൻ്റെ പുറകിലെ നീതി അവിടെയാണോ അല്ല അതിൻ്റെയും പുറകില്ല അതിൻ്റെയും പുറകില വിശുദ്ധിയിൽ തുടങ്ങി നീതിയിലൂടെ സമാധാനമെന്ന ഫലം കണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഇത് ചെയ്തെടുക്കാനായിട്ട് ദൈവം കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു അനുവദിക്കുന്നു ഇത് കാണുമ്പോൾ നമുക്ക് എന്തോ ചെയ്യാൻ നോക്കും ഈ കഷ്ടങ്ങളുടെ മധ്യത്തിൽ പെറുപുറുപ്പില്ലാതെ പെറുവിറുപ്പില്ലാതെ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയും കഴിയണം അങ്ങനെ വരുമ്പോഴേ ഈ ശിക്ഷ നമുക്ക് പ്രയോജനമായി തീരുകയുള്ളൂ ഈ ശിക്ഷയിൽ നിന്ന് നമുക്ക് വിശുദ്ധി ലഭിക്കുകയുള്ളൂ ആ വിശുദ്ധിയുടെ ഫലമായിട്ട് നീതിപ്രവർത്തികൾ വരികയുള്ളൂ അതിൻ്റെ ഫലമായിട്ട് സമാധാനം ആത്യന്തികമായി സമാധാനം കൈവരിക്കാനായിട്ടേ കഴിയുള്ളു ഒരു പഴയ നിയമഭക്തൻ്റെ ഒരു ഉദാഹരണം വളരെ വേഗത്തിൽ വളരെ വേഗത്തിൽ അതിവിടെ പറയാം നമ്മൾ രണ്ട് ശമ്പളിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദാവീദിൻ്റെ ഒരു അനുഭവം നമ്മൾ കാണുന്നു ദാവീദിൻ്റെ ജീവിതത്തിലെ അവസാന ഘട്ടം താന് രാജാവായി വളരെ വളരെ പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ അനുഭവിച്ചു അതിലൂടെയൊക്കെ താന് ജയാളിയായിട്ട് വന്നു ഒടുവിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടം അതാണ് രണ്ട് ചമൂഹിൽ ഇരുപത്തിനാലെന്ന് പറയുന്നത് ആ ചരിത്രം അവസാനിക്കുന്ന ഒരു ഘട്ടം അവിടെ വച്ച് അവിടെ വച്ചും ദാവീദിനെന്തുണ്ടായി ദാവീദിനൊരു പ്രശ്നമുണ്ടായി അതിൻ്റെ പത്താമത്തെ വാക്യം മുതൽ ഇരുപത്തിനാലിൻ്റെ പത്താമത്തെ വാക്യം മുതൽ ദാവീദ് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തു ചെയ്തപ്പം അവനെ വിട്ടുകളയാതെ എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദിനെ എൻ്റെ ഹൃദയപ്രകാരമുള്ളവനാക്കി തീർക്കാൻ വേണ്ടി ദൈവം അവനെ ശിക്ഷിക്കാനായിട്ട് ഗാതു പ്രവാചകനെ അവൻ്റെ അടുത്തേക്ക് അയക്കുന്നു പന്ത്രണ്ടാം വാക്യം ഈ ഗാതു പ്രവാചകൻ ചെന്നിട്ട് ദാവീദിനോട് എന്താ പറയുന്നു നീ ചെയ്ത കാര്യം മഠയത്തരമാണ് എന്താ നീയെ ജനത്തെ എണ്ണി നോക്കുക ജനത്തെ എണ്ണുന്നതിന് ദൈവം ചില വ്യവസ്ഥ വെച്ചിട്ടുണ്ട് ആ വ്യവസ്ഥയൊന്നും കൂടാതെ ആണ് ദാവീദ് ഇവിടെ എണ്ണിയത് നമ്മൾ വിചാരിക്കും ദാവീദ് ജനത്തെ എണ്ണിയത് ഇത്ര വലിയ തെറ്റാണോ പ്രിയപ്പെട്ടവരെ അത് വചനത്തോട് ചേർത്ത് ചിന്തിക്കുമ്പം നമുക്ക് കാണാൻ കഴിയും ജനത്തെ എണ്ണുമ്പം അതിന് ചില ക്രമീകരണം ദൈവം പറഞ്ഞിട്ടുണ്ട് അതുകൂടാതാണ് ആ ദൈവവചനത്തെ മറുതലിച്ചാണ് ദാവീദ് പ്രവർത്തിച്ചത് അതുകൊണ്ട് ദാവീദിൻ്റെ ആ ഹോഷത്വമായ പ്രവർത്തനത്തിന് ദൈവം തക്ക ശിക്ഷ നൽകാനായിട്ട് ഖാതു പ്രവാചകനെ അവൻ്റെ അടുത്ത് അയച്ചു എന്നിട്ട് അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ദാവീദിനോട് ഞാൻ മൂന്ന് കാര്യം നിൻ്റെ മുമ്പിൽ വയ്ക്കുന്നു അതിലൊന്ന് തെരഞ്ഞെടുത്തു കൊള്ളുക അത് ഞാൻ നിന്നോട് ചെയ്യും എന്നാ പറഞ്ഞു എന്തൊക്കെയായിരുന്നു ദേശത്ത് ഏഴ് സംവത്സരം ക്ഷാമം ഉണ്ടാകുക അല്ലെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് മാസം നിൻ്റെ ശത്രുക്കളെ വീണ്ടും നിന്നെ ഓടിക്കുന്ന ഒരു കാര്യം മൂന്നാമത്തെ കാര്യം മൂന്ന് ദിവസത്തേക്ക് മഹാമാരി രാജ്യത്തുണ്ടാകുക ഇതിലേത് വേണം നിനക്ക് തിരഞ്ഞെടുക്കാം ഉടനെ ദാവീദ് പറയുന്ന ഒരു വാക്യം ആ വാക്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അതിൻ്റെ പതിനാലാമത്തെ വാക്യം ദാവീദ് ഖാദിനോട് ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു നാ കയ്യിൽ തന്നെ വീഴുക അവൻ്റെ കരുണ വലിയതല്ലോ എന്ന് പറഞ്ഞു പ്രിയ സഹോദര സഹോദരി കണ്ടോ ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു കഷ്ടത കൊണ്ടുവന്നപ്പം ദാവീദ് ആ കഷ്ടതയോട് ആ പോസിറ്റീവായിട്ടാണ് പ്രതികരിക്കുന്നത് താൻ എന്ത് ചെയ്യുന്നില്ല അതിൻ്റെ മുമ്പാകെ ഇടറിപ്പോകുന്നില്ല ആഹാ ദൈവം എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നു പറയാതെ താൻ ആ കാര്യം കണ്ടപ്പോൾ ദൈവം എൻ്റെ ഗുണത്തിനായിട്ടാണ് എന്നെ ശിക്ഷിക്കുന്നത് തൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നെന്നെ ഭാവിയിൽ ആ നിലയിൽ എന്നെ മുദ്ര കുത്താൻ വേണ്ടി എൻ്റെ ജീവിതത്തിലുള്ള എൻ്റെ ഹൃദയത്തിലുള്ള തിന്മകളെ പൂർണ്ണമായിട്ട് മാറ്റിക്കളയാൻ വേണ്ടി കൂടുതൽ വിശുദ്ധിയിലേക്ക് എന്നെ കൊണ്ടുവരാൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന ശിക്ഷയാണിത് എന്ന് മനസ്സിലാക്കിയിട്ട് ദാവിതെന്തോ ചെയ്യുന്നു ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ തന്നെ വീഴുന്നു അവൻ്റെ കരുണ വലിയതല്ലോ എന്ന് പറഞ്ഞ് തന്നെ തന്നെ പൂർണമായിട്ട് ദൈവത്തിൻ്റെ കരത്തിൽ സമർപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു വന്ന വാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ എബ്ര പന്ത്രണ്ടിലേക്ക് മടങ്ങി വരുമ്പോൾ നമുക്കെന്താ ചെയ്യാൻ ഒക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഈ കഷ്ടങ്ങൾ കാണുമ്പം അതിനെക്കുറിച്ച് നമുക്കൊരു തിരിച്ചറിവുണ്ടാവണം ഇതെൻ്റെ ഗുണത്തിനായിട്ടാണ് എന്ന് എൻ്റെ വിശുദ്ധീകരണത്തിനായിട്ടാണ് ഈ വിശുദ്ധീകരണത്തിലൂടെ എനിക്ക് നീതി ലഭിക്കും ദൈവത്തോടും മനുഷ്യരോടും നീതിയുടെ ഒരു പെരുമാറ്റം അങ്ങനെ ഒരു പ്രതികരണം എനിക്ക് ഭാവിയിലെ കിട്ടും അതിനുവേണ്ടിയാണിത് തരുന്നത് അതിലൂടെ എനിക്ക് സമാധാന ഫലം കൊയ്യാനായിട്ട് കഴിയും എന്നെല്ലാം കണ്ടിട്ട് നമ്മളെന്തു വേണം ദൈവം തരുന്ന ആ കഷ്ടതയുടെ മുമ്പാകെ ദാവീദിനെ പോലെ ദൈവം ഞാൻ നിൻ്റെ കരത്തിൽ തന്നെ നിൻ്റെ കരത്തിൽ തന്നെ വീഴുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കണം അവിടെ പന്ത്രണ്ടിൻ്റെ ഒൻപതിൽ ഈ കാര്യം പറയുന്നുണ്ട് പന്ത്രണ്ടിൻ്റെ ഒൻപത് ശ്രദ്ധിക്കുക അവിടെ കണ്ടോ ഒരു പ്രയോഗം കണ്ടോ ആത്മാക്കളുടെ പിതാവിനെ ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലോ ആത്മാക്കളുടെ പിതാവ് ദൈവത്തെ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ഉടയവന അതിൻ്റെ പിതാവ അതിൻ്റെ മേളിലെ ജഡസംബന്ധമായ പിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആ കോൺട്രാസ്റ്റ് പറഞ്ഞേച്ച് മറുവശത്ത് പറയുന്നു നമ്മുടെ ദൈവം എന്താ നമ്മുടെ ആത്മാവിൻ്റെ പിതാവാണ് പിതാവ് ആ ദൈവത്തിന് നമ്മൾ എന്താ വേണം കീഴടങ്ങി ജീവിക്കേണ്ടതാണ് ആ നമ്മുടെ സ്പിരിച്വൽ ഫാദർ ദൈവത്തിനറിയാം നമ്മുടെ ആത്മാവിലെ ഏതെങ്കിലും ഒരു കന്മേഷമുണ്ടെങ്കിൽ ആ കന്മേഷം നീക്കി കളയാൻ വേണ്ടിയാണ് ദൈവം ചെയ്യുന്നത് അതുകൊണ്ട് ഇതെൻ്റെ ഗുണത്തിനായിട്ടാണ് എന്ന് പറഞ്ഞ് ദാവീതിനെപ്പോലെ ദൈവം ഞാൻ നിൻ്റെ കയ്യിൽ വീഴുന്നു എന്ന് പറഞ്ഞ് ആത്മാക്കളുടെ പിതാവിന് നമ്മൾ എന്തോ വേണം കീഴടങ്ങണം കീഴടങ്ങണം സറണ്ടർ ചെയ്യണം സമർപ്പിക്കണം ഇങ്ങനെയാണ് നമുക്ക് ആ കഷ്ടതയോട് നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ അതിനോട് സഹകരിക്കാൻ കഴിയുന്നത് അങ്ങനെ സഹകരിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തെടുക്കുന്ന ആ പ്രവൃത്തിയിലൂടെ നമുക്ക് ദൈവം ഒരു തലത്തിലേക്ക് വരാനായിട്ട് കഴിയും പക്ഷേ ഈ കഷ്ടതകളെല്ലാം അനുഭവിക്കുമ്പോഴും നമുക്ക് ഒരു കാര്യം വിട്ടുകളിൽ എന്താ ആ വിട്ടുകളിലെത്താത്ത കാര്യം നമ്മൾ തുടക്കത്തിൽ വായിച്ചതാണ് ഈ കഷ്ടതകളെല്ലാം വരുമ്പോഴും എനിക്ക് സഹിക്കാൻ ഒക്കുന്നതിന് അപ്പുറത്തേക്ക് പോവുകയില്ല ഞാനൊരു കരിഞ്ചീരകമാണെന്ന് എൻ്റെ തമ്പുരാൻ അറിയാം ഗോതമ്പിനെ മെതിക്കുന്ന പോലെ മെതിച്ചു കളയുകേയില്ല വണ്ടി എൻ്റെ മണ്ടയ്ക്ക് കയറ്റുകയില്ല ചെറിയ കമ്പ് കൊണ്ട് തല്ലിയെടുക്കേ ഉള്ളൂ ചെറിയ കമ്പ് കൊണ്ടാ തല്ലിയെടുക്കുന്നത് അതെന്താ അത് വേദനാജനകമാണ് അതാ കഷ്ടത പക്ഷെ ആ കഷ്ടതയിലൂടെ എൻ്റെ ആത്മാവിൽ കന്മേഷൻ നീക്കി ദൈവം എന്നെ വിശുദ്ധിയിലേക്കും നീതീകരണത്തിലേക്കും നീതി എന്ന സമാധാന ഫലം കൊയ്യുന്നതിലേക്കും ലക്ഷ്യം വെച്ച് ചെയ്യുന്ന ഒരു അഭ്യസനമാണിത് ഇതിൻ്റെ എല്ലാം അടിത്തറ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഒന്ന് പോരും തറപ്പത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഒന്നും നമുക്ക് വായിക്കാം അവിടെ ഇതാ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ ദൈവം വിശ്വസ്തൻ എന്ന് പറഞ്ഞേച്ച നിങ്ങൾക്ക് കഴിയുന്നതിനുമീതേ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കുകയില്ല എന്ന് പറയുന്നു ദൈവം വിശ്വസ്തനാണ് ദൈവം വിശ്വസ്തൻ ദൈവം വിശ്വസ്തൻ എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് വാക്യങ്ങൾ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവം വിശ്വസ്തൻ എന്ന് പറഞ്ഞിരിക്കുന്ന മൂന്ന് വാക്യങ്ങൾ വളരെ വേഗത്തിലൊന്ന് നോക്കാം ഒന്ന് കൊരിന്തർ ഒന്നാമധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ദൈവം വിശ്വസ്തൻ എന്ന് പറയുന്നുണ്ട് അതെവിടെ ഒന്ന് കൊരിന്തർ ഒന്നിൻ്റെ ഒൻപത് അതിങ്ങനെയാണ് തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ ദൈവം വിശ്വസ്തൻ എന്നവിടെ പറയുന്നു പക്ഷേ ദൈവം വിശ്വസ്ത എന്ന് പറയുന്ന ആ കോണ്ടസ്റ്റ് കണ്ടോ ആ സാഹചര്യം കണ്ടോ അത് നമ്മെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്നു നമ്മളൊരു പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നിടത്താണ് ദൈവം വിശ്വസ്ത എന്ന് പറഞ്ഞിരിക്കുന്നു ശ്രദ്ധിച്ചോ തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നമ്മളെ വിളിച്ചിരിക്കുകയും ചെയ്യുന്നു നമ്മളൊരു പ്രവൃത്തി ആ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നിരിക്കുക ദൈവത്തോടും കർത്താവിനോടുമുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഘട്ടത്തിൽ ദൈവം വിശ്വസ്തനാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്നാൽ രണ്ട് തെസ്ലോനിക്കർ മൂന്നാമധ്യായത്തിലും ദൈവം വിശ്വസ്തനാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അവിടെ പറയുമ്പം ഒരല്പം വ്യത്യാസം രണ്ട് തെസ്ലോനിക്കർ മൂന്നാമധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ കർത്താവോ വിശ്വസ്തൻ അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിലാകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും കർത്താവ് വിശ്വസ്തനാണെന്ന് ഇവിടെ പറയുമ്പം നമ്മളൊരു പ്രവൃത്തി ആരംഭിച്ച നമ്മളെ കൂട്ടായ്മയിലേക്ക് വിളിച്ച രംഗത്തെക്കുറിച്ചല്ല പറയുന്നത് മറിച്ച് എന്താ നമ്മളെ ഇന്ന് നടത്തിക്കൊണ്ടുവരുന്ന വിധങ്ങളോട് ചേർത്താണ് വിശ്വസ്തൻ എന്നു പറയുന്നത് നമ്മളെ ഇന്ന് ദൈവം എന്ത് ചെയ്യുന്നു തന്നിൽ കൂടുതൽ ഉറപ്പിക്കുന്നു നമുക്ക് നേരിടുന്ന ദുഷ്ടൻ്റെതായ എല്ലാ ശോധനകളുടെ മുമ്പാകെയും അതിൻ്റെ അകത്ത് അകപ്പെട്ടു പോകാതെ ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നിട്ട് പറയുന്നു കർത്താവ് വിശ്വസ്തനാണെന്ന് പറയുന്നു ഒന്നത്തെ അസ്ലോനിക്കർ അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ തൊട്ട് പുറകിലത്തെ പേജിലേക്ക് വരുമ്പോൾ ഒന്നത്തെ അസ്ലോനിക്കർ അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിലും ദൈവം വിശ്വസ്തൻ എന്ന് പറയുന്നുണ്ട് നിങ്ങളെ വിളിക്കുന്നവൻ ഒന്നത്തെ അസ്ലോനിക്കർ അഞ്ചിൻ്റെ ഇരുപത്തിനാല് നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അവൻ അത് നിവർത്തിക്കും ഇവിടെ വിശ്വസ്തത അഞ്ചിൻ്റെ ഇരുപത്തിനാലിൽ വിശ്വസ്തത എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ട നമ്മളൊരു പ്രവൃത്തി നിവർത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പൂർത്തീകരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവർ നിങ്ങൾ എൻ്റെ കൂടുണ്ടോ വിശ്വസ്തൻ എന്ന് മൂന്ന് വാക്യങ്ങൾ നമ്മൾ വായിച്ചു മൂന്നിടത്തും ദൈവവിശ്വസ്തനാണെന്ന് പറഞ്ഞു ഇതൊരു പുതിയ കാര്യമല്ല പക്ഷേ ഒരിടത്ത് ഒന്ന് കോരിഞ്ചേർ ഒന്നിൻ്റെ ഒമ്പതിൽ ദൈവം വിശ്വസ്തനാണെന്ന് പറയുമ്പോൾ അതെവിടെ നമ്മളെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിട്ടേ ഉള്ളു തുടക്കമാ നമ്മുടെ ക്രിസ്തീയതയുടെ തുടക്കമാ അവിടെ വെച്ചത് തന്നെ ദൈവം നമ്മളെ അക്ഷൂർ ചെയ്യുന്നു ഞാൻ വിശ്വസ്തനാ ഞാൻ ഫെയ്ത്ഫുളാണ് ഞാൻ ഇട്ടച്ച് പോകുകയില്ല രണ്ടാമതോ രണ്ടാമത് രണ്ട് തെസ്ലോണിക്കറി മൂന്നിൻ്റെ മൂന്നെന്ന് പറയുന്നത് ആ നമ്മളെ വിളിച്ചു കൂട്ടായ്മയിലാണ് നമ്മൾ മുന്നോട്ട് ജീവിക്കുകയാണ് ആ ജീവിതത്തിൽ ദുഷ്ടൻ്റെ പോരാട്ടങ്ങൾ ഒക്കെ വരുമ്പം മധ്യത്തിൽ ദൈവം എന്തോ ചെയ്യുന്നു നമ്മളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ കാക്കുന്നിടത്തും ദൈവം ഫെയ്ത്ത്ഫുൾ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു ഒടുവിലായിട്ടോ ഒടുവിലായിട്ട് നമ്മളൊരു പ്രവൃത്തി പൂർത്തീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടോ അവിടെയും ദൈവം വിശ്വസ്തനാണെന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പല വാക്യങ്ങൾ വായിച്ചല്ലോ വായിക്കുമ്പോഴൊക്കെ എല്ലായിടത്തും നമ്മൾ ഈ മൂന്ന് കാലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ദൈവം നമ്മളൊരു പ്രവൃത്തി ആരംഭിക്കുന്നു അവിടെ വിശ്വസ്തൻ ഇന്ന് നമ്മളെ നടത്തിക്കൊണ്ടുവരുന്നു അവിടെ വിശ്വസ്തൻ ഭാവിയിൽ അത് നിവർത്തിക്കും പൂർത്തീകരിക്കും അവിടെയും ദൈവം വിശ്വസ്തൻ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ കാണുമ്പോൾ പ്രിയ സഹോര സഹോരി നീ ഞാനും ചഞ്ചലിച്ച് പോകേണ്ട ഇത് നടക്കുമോ ദൈവം പൂർത്തിയാക്കുമോ എന്ന് പറഞ്ഞ് വിഷമിച്ചു പോകണ്ട ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും നമ്മളെക്കുറിച്ച് ദൈവം പ്രകൃതിയെ നമ്മൾ പൊടിയെന്ന് ഓർക്കുന്നു എന്ന് പറഞ്ഞിടത്തും നമ്മൾ ഈ കാര്യങ്ങൾ കണ്ടു അതിൻ്റെ തുടക്കം മധ്യം അവസാനിപ്പിക്കുമ്പോൾ ദയ എന്നുവെന്നേക്കും ഇന്നോ ഇന്ന് നമ്മൾ പൊഴുകെന്നോർത്ത് നമ്മളെ നടത്തുന്നു തുടക്കത്തിലോ നമ്മുടെ ലംഘനങ്ങളെ ക്ഷമിച്ചു ഇവിടെ ഇതാ നമ്മൾ വായിച്ചിടത്തും നമ്മളെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിടത്ത് ദൈവം വിശ്വസ്തൻ ഇന്ന് നമ്മളെ നടത്തുന്ന നിർത്തു വിശ്വസ്തൻ ആ അത് പൂർണ്ണമായിട്ട് നിവർത്തിക്കുന്നിടത്ത് ദൈവം വിശ്വസ്തൻ കഷ്ടങ്ങളുടെ മധ്യത്തിലൊക്കെ ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ വിശ്വസ്തയെയും കാണുക ദൈവം നമുക്ക് കഴിയുന്നതിനപ്പുറത്തേക്ക് നടത്തിക്കൊണ്ട് പോവുകയല്ല എന്ന് വിശ്വസിക്കുക പേടിച്ചു പോകല്ലേ പലപ്പോഴും ഭയമാണ് നമ്മുടെ വിശ്വാസ ജീവിതം സന്തോഷഭരിതമായിട്ട് നടത്താൻ തടസ്സമായിട്ടായിത്തീരുന്ന ഭയമാണ് ഭയമാണ് ദൈവത്തെക്കുറിച്ച് പിശാചൊ ഒത്തിരി പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ കൊണ്ടുവന്ന് വെക്കുന്നത് എന്താ ദൈവം ഓ അടുത്തുകൂടാത്ത അഗ്നിയാ ശരിയാണ് ശരിയാ ശരിയാണ് ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ ശരിയാണ് സഹോര അപ്പം തന്നെ എന്താ നമ്മളെ അറിഞ്ഞിട്ടാണ് നമ്മുടെ പ്രകൃതം അറിഞ്ഞിട്ടാണ് നമ്മളെ സ്നേഹിച്ചതും നമ്മുടെ ലംഘനങ്ങളെ അയറ്റിയതും ഒക്കെ നമ്മളൊരു പ്രവൃത്തി ആരംഭിച്ചവനെ അത് പൂർത്തീകരിച്ചുകൊള്ളും ദൈവം വിശ്വസ്തനാണ് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് അവിടെ പറയുന്നത് നമ്മുടെ വിശ്വസ്തതയെക്കുറിച്ചല്ല അവിടെ പറയുന്നു ഞാനിത് പറയുമ്പോൾ ഇത് ഒരു ഒരു കാര്യം ആ ഊന്തി പറയാൻ ആഗ്രഹിക്കുന്നു നമ്മളെപ്പം നമ്മുടേതുപോലൊരു സഭയിൽ നമ്മൾ വിശുദ്ധിയെക്കുറിച്ചൊക്കെ വളരെ കാര്യമായിട്ട് പറയുമ്പം പിശാജ് എന്ത് ചെയ്യും പിശാജ് പലരുടെയും സന്തോഷത്തെ എടുത്തുകളെ പലർക്കും ഈ ക്രിസ്തീയത ഒരു ഭാരപ്പെട്ട കാര്യം പോലെ ആയിത്തീരും ഓ എപ്പോൾ ചെന്നാലും നമ്മളത് ചെയ്യണം ഇത് ചെയ്യണം നമ്മൾ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം വിശ്വസ്തരായിരിക്കണം ഇതിനെക്കുറിച്ച് അവിടെ പറയുന്നത് അവരൊക്കെ അങ്ങനെയൊക്കെ ആകും എന്നെ കൊണ്ടൊന്നും വല്ലതും അത് കഴിയുമോ എന്നൊക്കെ പറഞ്ഞ് സ്വയം കുറ്റം വിധിയിലേക്കും സന്തോഷം കെടുത്തി കളയുന്നതിലേക്കും ഒക്കെ ഈ വിശുദ്ധിയെക്കുറിച്ചുള്ള നല്ല പ്രസംഗങ്ങൾ തന്നെ നമ്മളെ കൊണ്ടുവരാം അതുകൊണ്ടാണ് നമ്മളിടയ്ക്കിടയ്ക്ക് ഈ കാര്യത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ഓർക്കാനും ദൈവത്തിൻ്റെ വിശ്വസ്തയെ ധ്യാനിക്കാനും ഓ ദൈവം നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു മൊത്തം പ്രവൃത്തിയുടെ ഭാഗമാണിതെന്ന് കാണാനും ഒക്കെ നമ്മളിങ്ങനെ സമയമെടുക്കുന്നത് അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി നമുക്ക് സഹിപ്പാൻ കഴിയുന്നതിൽ കൂടുതൽ വരും എന്ന് പേടിക്കണ്ട നമ്മുടെ പ്രകൃതം അറിയുന്നവൻ നമ്മളെ പൊന്നുപോലെ ഇതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളെ വിശുദ്ധരാക്കാനും നമുക്ക് നീതീകരണം തരാനും സമാധാനമെന്ന ഫലം നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കാനും വേണ്ടി കൊണ്ടുവരുന്നതാണ് ഈ കഷ്ടതകൾ അവിടുന്ന് വിശ്വസ്തനാണ് അതിൻ്റെ തുടക്കത്തിൽ വിശ്വസ്തനാണ് അതിൻ്റെ മധ്യത്തിൽ വിശ്വസ്തനാണ് അതിൻ്റെ ഒടുവിൽ ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ട് ദൈവം നമ്മുടെ നമ്മളെ മുന്നോട്ട് നടത്തുമ്പം നമുക്കെന്താ ചെയ്യാൻ ഒക്കുന്നത് ദാവീത് പറയുന്നത് പോലെ ഈ കാര്യത്തിൽ തൃപ്തരായിട്ടിരുന്ന് ദൈവമേ നിനക്കറിയാം നീ എന്താ ചെയ്യുന്നതെന്ന് നിനക്കറിയാം എനിക്കീ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നില്ലെങ്കിലും ഞാൻ എന്തു ചെയ്യുന്നു ദൈവമേ നിൻ്റെ കയ്യിൽ തന്നെ വീഴുന്നു നിൻ്റെ കയ്യിൽ തന്നെ വീഴുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞ് സന്തോഷത്തോടെയായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കും സഹായിക്കട്ടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആരുടെയെങ്കിലും മനസ്സിൽ ഭാരങ്ങളുണ്ടെങ്കിൽ ക്രിസ്തീയ ജീവിതം ഒരു ഭാരപ്പെടുത്തുന്ന കാര്യമാണെങ്കിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മറ്റ് പലരെയും കാണുമ്പോൾ അവർക്കൊക്കെ ഇത് കഴിയും എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടും ഭയപ്പെട്ടും പോകല്ലേ ദൈവം വിശ്വസ്തൻ നിന്നെ വിളിച്ചിരിക്കുന്നെങ്കിൽ അവിടുന്ന് അത് നടത്തും നീ എന്തു ചെയ്താൽ മതി അവിടുത്തെ കരത്തിനു മുമ്പാകെ കീഴടങ്ങിക്കൊടുത്താൽ മതി പോലെ ഓരോ സന്ദർഭത്തിലും നമ്മുടെ ആത്മാക്കളുടെ പിതാവ് ആത്മാവിൻ്റെ ഉടയവനായ ദൈവത്തിൻ്റെ കരത്തിനു മുമ്പാകെ അതിന് കീഴടങ്ങിയാൽ മതി ആ ഒരു കാര്യമാണ് നമ്മളെ കേട്ടത് നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുകയും നമുക്ക് കേട്ട കാര്യങ്ങളോട് നമ്മളെ തന്നെ സമർപ്പിച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാം